पुरम പുരമേകസനുഷചത്തിചിഷത് വസ അന്തരിക്ഷത് गोता वेदिशद षद गोजा नृषद अब्ज गोच्रिजात बृहत् ഊർധം പ്രാണതി അപാനം പ്രത്യേകത്തി മധ്യേവാമനമാസീന വിശേ ദേവാസത്തെ അസ വിസ്രംസമാനസ शरीरस्थ्य देन देहा किशिष्यन मृतोजीवन इतरेण तु जीवंती യന്യേതാശ്രിത ഇതം പ്രവക്ഷ്യമി ഗുഹ്യം ബ്രഹ്മസനം എതിഗൗതമ യോനി അന്യേ പ്രപത്യന് ശരീരേനേനു സംയന്തിഥ്രുത സുക്തു ജഗർ കാമം പുരുഷോ നിർമ്മിമാണ തുക്രം തദ് तदे सर्वे, तदवामुच्य से तस्लोकाश्रुता तदुना कशन येद्वको भुवनम प्रविषो प्रतिपो बभूव യു ഭുനം പ്രവിഷോകൂതരാത്മാ सूर्यो यहालोक लिप्य चाक्षुषर्बा्यदोष्स्थूता न लिप्यते लोकदुखेन बाह्य ശീ സർഭൂതരാത്മാകം അഹുധ്യോതിമസ്ഥംയു പശ്യം സുഖം ശാശ്വതം നേതരേഷേദനശേദ ഹൂനോ വിദാതി കാത്മസ്തമ്യേനു പശ്യത്തിന് ധീരാ താന്തി ശതീനേത മന്യന്തി അനിർദ്ദേശ്യം പരമം സുഖം ു തന്യാനീയാതിഭാതി വൂര്യോ ഭാതി നന്ദ്ര താരകം നേമ വിദ്യു ഭാതി കൂത്തയഗ്നി തമേവമനുഭാതിസം രണ്ടായത്തിന് രണ്ടാം മല്ലി ഇതും മുമ്പ് ചർച്ച ചെയ്തതാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് ആത്മതത്വത്തെ സാമാന്യ ബുദ്ധികൾക്ക് ഗ്രഹിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് പ്രകാരാന്തര പല പല രീതിയിൽ ശ്രുതി അതിന് വലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് യമദേവൻ നജികേസിന് മറ്റൊരു തരത്തിൽ മുൻപ് ഉപദേശിച്ച കാര്യത്തെ തന്നെ ഉപദേശിക്കുകയാണ് ആദ്യത്തെ മന്ത്രത്തിൽ തന്നെ പറയുന്നത് എന്താണ് ആത്മവിജ്ഞാനത്തിന്റെ ഫലം ഫലം മുക്തിയാണ് എന്തിൽ നിന്നുള്ള ദുഃഖത്തിൽ നിന്നുള്ള മോചനം അനുഷ്ഠ എന്ന ശോചതി അറിയുന്നവൻ നുഷ്ഠിച്ചാൽ അവന് പിന്നീട് ദുഃഖമില്ല അവൻ വിമുക്തനാകുന്നു അവൻ വിമുക്തനായി മോചിക്കുന്നു എന്ന് പറയുന്നു ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ജന്മത്തിൽ നിന്നുള്ള മോചനം ജന്മം ദുഃഖ കാരണം ദുഃഖത്തിൽ നിന്ന് മോചിക്കണമെങ്കിൽ ജന്മങ്ങളിൽ നിന്ന് മോചിക്കണം അപ്പൊ അങ്ങനെ ജന്മങ്ങളിൽ നിന്നും മോചിച്ച് നിത്യമുക്തനായിത്തീരുന്നു അതാണ് ഇതിന്റെ ഫലം ആ പരമാത്മാവ് ഒന്ന് തന്നെയാണ് ഇവിടെ നാനാരൂപത്തിൽ പ്രപഞ്ചഘടകങ്ങളായി നിൽക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം പറയുന്നത് ആത്മാവിന് ആത്മാവിന്റെ സർവാത്മകത്വം അല്ലെങ്കിൽ സർവാത്മഭാവന അതിനു വേണ്ടിയിട്ടാണ് സർവവും അത് തന്നെ പ്രപഞ്ചത്തിന്റെ ഓരോ അംശവും എടുത്തിട്ട് അത് തന്നെയാണെന്ന് പറയുന്നത് സമഷ്ടി പ്രപഞ്ചത്തിനും പോലെ തന്നെ പ്രധാനമാണ് വിവൃഷ്ടി ശരീരത്തിന് അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ മന്ത്രം പറയുന്നത് ഈ ശരീരത്തിൽ പ്രാണാപാനന്മാരെ നിയന്ത്രിച്ചുകൊണ്ട് ശരീരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് ആ പരമാത്മാവ് തന്നെയാണ് സമഷ്ടിയിൽ ദേവന്മാരുടെ സ്ഥാനത്ത് വൃഷ്ടിയിൽ ഇന്ദ്രിയങ്ങൾ ഐന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളെ അർപ്പിക്കുന്നത് ജീവഭാവത്തിലിരിക്കുന്ന ആ തന്നെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ശരീര നാശത്തിന് ശേഷം എന്ത്ഭവിക്കുന്നു ആത്മാവ് വിശേഷിക്കുന്നുണ്ടോ ആത്മാവിനെന്ത് സംഭവിക്കുന്നു തുടങ്ങിയ നജികേസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ടാണ് അടുത്ത മന്ത്രങ്ങൾ നേരിട്ടുള്ള മറുപടി പറയുകയാണ് ഈ ശരീരത്തിനുള്ളിൽ പ്രാണൻ നഷ്ടപ്പെടുന്നു അതാണ് മരണം എന്ന് കരുതുന്നു പ്രാണൻ നിലക്കുമ്പോൾ ജീവനുണ്ട് പ്രാണൻ നശിക്കുമ്പോൾ മരണം സംഭവിക്കുന്നു അതങ്ങനെയല്ല കേവല പ്രാണന്റെ സ്ഥിതിയും നാശവും കൊണ്ടല്ല ജീവിതവും മരണവും മറിച്ച് പ്രാണനും അപാനനും ഏതിനെയാണോ ആശ്രയിച്ചിരിക്കുന്നത് ആത്മാവിന്റെ സ്ഥിതിയും ആത്മാവിന്റെ ദമനവുമാണ് ജീവിതവും മരണവും എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് ആറാമത്തെ മന്ത്രത്തിൽ പറയുന്നു ഗുഹ്യം ബ്രഹ്മസനാതനം വളരെ ദുർബുദ്ധികൾക്ക് മനസ്സിലാക്കാൻ വളരെ പ്രയാസമുള്ളതായ ഈ സനാതന സത്യത്തെ നിനക്ക് ഉപദേശിക്കാം മരണത്തിന് ശേഷം ആത്മാവിനെന്ത് സംഭവിക്കുന്നു അവിടെയാണ് പുനർജന്മത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നത് മരണത്തിന് ശേഷം യോനിം അന്യ പ്രപദ്ധ്യന്ത മറ്റ് ശരീരങ്ങളെ സ്വീകരിക്കുന്നതിന് വേണ്ടി ജീവൻ സഞ്ചരിക്കുന്നു മരണശേഷം അതെങ്ങനെ കർമ്മവും വാസനയും അനുസരിച്ച് കർമ്മവും വാസനയും അനുസരിച്ച് ജീവൻ വീണ്ടും വീണ്ടും ശരീരങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ള പുനർജന്മത്തെക്കുറിച്ച് വളരെ സ്പഷ്ടമായി പറയും ഭരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നേരിട്ടുള്ള മറുപടിയാണ് ഇവിടെ പറഞ്ഞത് ശേഷം ആത്മാവ് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി സഞ്ചരിക്കുന്നു അതാണ് മരണശേഷം സാധാരണഗതി സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആത്മാവ് മരണശേഷവും മരണത്തിന് മുമ്പും ഈ ശരീരത്തിനെങ്ങനെ സ്ഥിതി ചെയ്യുന്നു അതാണ് എട്ടാമത്തെ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് സദാ ജാഗ്രതായിരിക്കുന്നു ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഉള്ളിരിക്കുന്നതാണ് ആത്മാവ് അതിശുദ്ധമാണ് സർവ സർവലോകങ്ങളും സർവകർമ്മങ്ങളും സർവകർമ്മങ്ങളുടെ ഫലങ്ങളും ഈ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു അതനുസരിച്ചാണ് ജന്മം വരുന്നത് അതുകൊണ്ടാണ് തസ്മിൻ ലോകാശ്രിതാ സർവേ ലോകമെന്ന് പറയുന്നതിന് കർമ്മഫലം എന്നർത്ഥമാണ് സർവവും ഈ ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് കർമ്മത്തിനും വാസനയ്ക്കും അനുസരിച്ച് അടുത്ത ജന്മത്തെ പ്രാപിക്കുന്നു എന്നാണ് ഓരോ ശരീരത്തിനും വേറിട്ടിരിക്കുന്ന ആത്മാവ് ഏകൻ തന്നെ എന്നുള്ളതാണ് ഒൻപതാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എങ്ങനെയാണ് ഓരോ ഒരേ അഗ്നി തന്നെ അത് എവിടെയിരിക്കുന്നു അതിനനുസരിച്ച് അതിന്റെ രൂപം മാറി വരുന്നു ഒരകിനെ ആശ്രയിച്ചിരിക്കുമ്പോൾ അവരകിന്റെ ആകൃതി അഗ്നിക്ക് വരുന്നു അതുപോലെ ഓരോ ശരീരത്തിനും ആത്മാവ് വ്യത്യസ്ത രൂപത്തിൽ അനുഭവപ്പെടുന്നു വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയിരിക്കുന്നു മനുഷ്യ ശരീരങ്ങളിലും മറ്റു പ്രാണി ശരീരങ്ങളിലും എല്ലാം അതാത് രൂപത്തിൽ അത് പ്രകടമാകുന്നു പക്ഷെ സർവഭൂതാന്തരാത്മാ ഏകഹ് പറയുന്നു അതാണ് അദ്വൈതം സർവഭൂതങ്ങളുടെയും അന്തരാത്മാവായിരിക്കുന്നവൻ ഒന്ന് തന്നെ ശരീരത്തിനനുസരിച്ച് അതിന് പല രൂപങ്ങളുണ്ടാകുന്നു അതിനു തന്നെയാണ് അടുത്ത മന്ത്രത്തിൽ വായുവിൻ്റെ ഉദാഹരണം പറയുന്നത് വായു അതുപോലെ തന്നെയാണ് ഉപാധികൾക്കനുസരിച്ച് അതിന് രൂപം മാറുന്നു അങ്ങനെ സർവ പ്രാണികളെയും ശരീര അന്തസ്ഥിതനായിരിക്കുന്ന ഈ ആത്മാവ് അതിന് ഈ പ്രാണിദുഃഖങ്ങളോ പ്രാണിയുടെ സംസാരമോ അതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ണോ സർവർക്കും പ്രകാശം നൽകുന്ന ആ സൂര്യൻ പ്രപഞ്ചത്തിലെ ഒരു മാലിന്യങ്ങൾ ബാധിക്കാതിരിക്കുന്നത് ബാധിക്കപ്പെടാത്തവനായും നിലനിൽക്കുന്നത് അതുപോലെ ഈ സർവപ്രാണികളുടെയും മന്ദരാത്മാവായിരുന്നിട്ടും സൂര്യനിൽ അന്ധകാരം വരുന്നില്ല ആ പരമാത്മാവിന് യാതൊരു തരത്തിലുള്ള സംസാരിക ബന്ധനങ്ങൾ സംഭവിക്കുന്നില്ല ദുഃഖങ്ങൾ സംഭവിക്കുന്നില്ല അതാണ് പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് അങ്ങനെ ആ ജീവന്റെ സർവാത്മഭാവത്തെക്കുറിച്ച് ആ പരമാത്മാവിന്റെ അജീവഭാവത്തെക്കുറിച്ച് രണ്ടു തരത്തിലും ഇവിടെ വിശദീകരിച്ചതിന് ശേഷം പറയുന്നത് പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ആ സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന പരമാത്മാവിന് സ്വന്തം ഉള്ളിൽ ഈ ശരീരത്തിനുള്ളിൽ തന്നെ ആരാണ് സാക്ഷാത്കരിക്കുന്നത് ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നതും ആ പരമാത്മാവ് തന്നെ എന്നറിയുന്ന വിവേകി അവനാണ് ശാശ്വതമായ സുഖത്തെ പ്രാപിക്കുന്നത് അവന് മാത്രമേ ശാശ്വതമായ സുഖം ഉണ്ടാകുന്നുള്ളൂ അവന് മാത്രമേ മുക്തി പരഗതമാകുന്നുള്ളൂ അതാണ് തുറന്നു വരുന്ന മന്ത്രങ്ങളിലെല്ലാം പറയുന്നത് സർവകാമങ്ങളെയും സാധിച്ചു കൊടുക്കുന്നതും ഈ ആത്മാവ് തന്നെ സർവകാമങ്ങളെയും സർവ്വർക്ക് നൽകുന്നതും ഈ ആത്മാവ് അതുകൊണ്ട് ആത്മാവിനെ ആശ്രയിച്ചിട്ടാണ് സർവ്വസുഖങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ട് ആത്മാവിനെ സാക്ഷാത്കരിക്കുക അതിൽ നിന്ന് മാത്രമേ സുഖം ശാന്തി ദേഷാൻ ശാന്തിഹി അങ്ങനെയുള്ളവർക്ക് മാത്രമേ ശാന്തി ഉണ്ടാകുന്നുള്ളൂ ആത്യന്തികമായ ശാന്തി ശാന്തിക്കും മറ്റുപായമില്ല ശാശ്വതമായ ശാന്തിക്കും മറ്റുപായമില്ല എന്നാണ് പറയുന്നത് ആ അനുഭവത്തെക്കുറിച്ച് പറയുന്നു അങ്ങനെ സർവ സുഖങ്ങളും അന്തർഭവിക്കുന്നു അല്ലെങ്കിൽ സർവ്വസുഖങ്ങളെയും അതിക്രമിക്കുന്ന ഒരു സുഖം അതുണ്ടോ അത് ആരനുഭവിക്കുന്നു അതിനാണ് നാലാമത്തെ മന്ത്രത്തിൽ മറുപടി പറയുന്നത് കിമുഭാദി വിഭാതിവ ആ സുഖത്തെ അത് അവർണനീയമാണ് വർണ്ണിക്കാൻ കഴിയില്ല അത് പ്രകാശിക്കുന്നു എന്നും പ്രകാശിക്കുന്നില്ല എന്നും പറയാം രണ്ടു രീതിയിലും പറയാം അതായത് ഒരു അനുഭവത്തെ പ്രകാശിപ്പിക്കാൻ മനസ്സിനോ വാക്കിനോ പൂർണമായും സാധ്യമല്ല ഒരു അനുഭവങ്ങളെ ലൗകികമായ അനുഭവങ്ങളെപ്പോൾ അതേ രീതിയിൽ പ്രകടമാക്കാൻ വാക്കിന് ശക്തിയില്ല അതേ രീതിയിൽ അതിനെ പ്രകടമാക്കുന്നതിന് വാക്കിലൂടെ അത് പ്രകടമാകണമെങ്കിൽ മനസ്സ് പ്രവർത്തിക്കണം മനസ്സിന് ശക്തിയില്ല അങ്ങനെ ഇരിക്കുക ഇവിടെ പറയുന്ന ഈ പരമമായ സുഖത്തെ വെളിപ്പെടുത്താൻ വാക്കുകൾ പര്യാപ്തമല്ല അത് പ്രകടമാകുന്നു അത് പ്രകടമാകുന്നില്ല എന്നും വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ് അതിന്റെ മഹത്വം പ്രപഞ്ച അതീതമാണ് അതാണ് പതിനഞ്ചാമത്തെ മന്ത്രത്തിൽ പറയുന്നത് നതത്ര സൂര്യോപാധി എന്ന ചന്ദ്ര താരകം അവിടെ സൂര്യനും ചന്ദ്ര താരകങ്ങളും അതായത് ലോകത്തിലെ സർവവസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്ന ഈ പ്രകാശങ്ങളൊന്നും അവിടെ പ്രകാശിക്കുന്നില്ല ഒന്നിനും അതിന് അനുഭവവേദ്യമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രകാശത്തിന്റെ സഹായത്താൽ എല്ലാത്തിനെയും അറിയുന്നു പക്ഷെ ആ പ്രകാശങ്ങളൊന്നും അവിടെ പ്രകാശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ മനസ്സും ബുദ്ധിയും അനുഭവത്തിന് കാരണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല മറിച്ച് അതിനെ ആശ്രയിച്ചാണ് സർവം പ്രവർത്തിക്കുന്നത് സസ്യഭാഷ സർവമിതം വിഭാതി സൂര്യനും ചന്ദ്രനും എല്ലാം പ്രകാശിക്കുന്നത് അതിന്റെ പ്രകാശം കൊണ്ടാണ് ഇതെല്ലാം നമ്മൾ മുമ്പ് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാരണം ആത്മപ്രകാശത്ത് സർവവും അനുഭവവേദ്യമാകുന്നു അതാണ് അത് പ്രകാശിക്കുന്നതുകൊണ്ട് സർവവും പ്രകാശിക്കുന്നു എന്ന് പറയുന്നു അനുഭവത്തെ ജ്ഞാനപ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് അദ്വൈത മതമനുസരിച്ച് ജ്ഞാനമാകുന്ന പ്രകാശം ആ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന് സ്വന്തമായ നിലനിൽപ്പിൽ ഉണ്മ അസ്തിത്വം അത് പ്രപഞ്ചത്തിനൊന്നിനുണ്ട് പ്രപഞ്ചമൊന്നു പറയുമ്പോൾ ഭൂമിയോ സൂര്യനോ ചന്ദ്രനോ ശരീരം തുടങ്ങി ഭൗതികമായിരിക്കുന്ന ഒരു പദാർത്ഥത്തിനും ഇവിടെ സ്വതന്ത്രമായ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല അതാണ് അദ്വൈത സിദ്ധാന്തത്തിന്റെ സവിശേഷത ഭാഷകാലം അതിനനുസരിച്ചാണ് ഇത് വ്യാഖ്യാനിക്കുന്നത് ഇതിന്റെ എല്ലാ അസ്തിത്വം എങ്ങനെ നിലനിൽക്കുന്നു ഞാനത്തെ ആശ്രയിച്ച് അറിവിനെ ആശ്രയിച്ചിട്ടാണ് ഇതിന്റെ എല്ലാം അസ്തിത്വം നിലനിൽക്കുന്നത് വേറെ തരത്തില് പറഞ്ഞാൽ അറിവിന്റെ അസ്തിത്വത്തെ പ്രപഞ്ചവസ്തുക്കളിൽ ആരോപിക്കുകയാണ് ആണ് വസ്തുക്കളിൽ അസ്തിത്വം ഉണ്ട് എന്ന് കരുതുന്നു ആത്മാവിനല്ലാതെ അസ്തിത്വം ഒന്നിനും ഇല്ല പ്രപഞ്ചത്തിൽ വസ്തുക്കളിൽ അസ്തിത്വം അനുഭവപ്പെടുന്നുണ്ട് പ്രപഞ്ചവ്യവഹാരം പദാർത്ഥത്തിന്റെ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് പ്രപഞ്ചവ്യവഹാരം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ആശ്രയിച്ച് ജീവൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അതിനെ അറിയുക കർമ്മീന്ദ്രിയങ്ങളിലൂടെ അതിൽ പ്രവർത്തിക്കുക മനസ്സുകൊണ്ട് അതിനു സംബന്ധിച്ച് സങ്കല്പിക്കുക ഭാവന ചെയ്യുക എല്ലാം പദാർത്ഥങ്ങളുടെ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഇതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത് അപ്പൊ വ്യവഹാരത്തിന് പ്രപഞ്ചഘടകങ്ങളുടെ അസ്തിത്വത്തെ ആശ്രയിക്കേണ്ടിയിരിക്കുക അങ്ങനെ ആശ്രയിക്കുന്നുണ്ട് ആശ്രയിക്കുമ്പോ അങ്ങനെ ആശ്രയിച്ച് നടക്കുമ്പോ ഇത് സർവ്വ അനുഭവസിദ്ധമായിരിക്കുകയെ വസ്തുക്കളിൽ അസ്തിത്വമില്ലെന്ന് എങ്ങനെ പറയണം അതിന് പറയുന്നത് ഇതിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുക എന്ന് പറയുമ്പോൾ അതിന് പാരമാർത്ഥികമായ ഒരസ്തിത്വം അതായത് അറിവിനെ ആശ്രയിക്കാത്ത സ്വതന്ത്രമായൊരസ്തിത്വം അതില്ലെന്നാണ് പറയുന്നത് അറിവിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഒരു അസ്തിത്വമുണ്ട് അത് അംഗീകരിക്കുന്നുണ്ട് അപ്പോൾ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ അദ്വൈതത്തിൽ അംഗീകരിക്കുന്നുണ്ട് എങ്ങനെ അറിവിനെ ആശ്രയിച്ചുള്ള ഒരസ്തിത്വം അത് പൂർണ്ണമോ സ്വതന്ത്രമോ നിരുപാധികമോ അല്ല അത് സ്വാഭാവികമാണ് അറിവിനെ ആശ്രയിക്കുന്നു അത് പരിച്ഛിന്നമാണ് ചെന്ന നിലനിൽക്കുന്നില്ല സ്വതന്ത്രമല്ല അറിവിനെ വിട്ട് അതിനെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉള്ള ഒരു അസ്തിത്വത്തെ അംഗീകരിക്കുന്നുള്ളൂ എന്തിനു വേണ്ടിയിട്ടാണങ്ങനെ ഒരു അസ്തിത്വത്തെ അംഗീകരിക്കുന്നത് പ്രപഞ്ചവ്യവഹാരം അങ്ങനെ ഒരു അസ്തിത്വത്തെ ആശ്രയിച്ചേ നടക്കത്തുള്ളൂ അതുകൊണ്ട് പ്രപഞ്ച വ്യവഹാരം എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് ചിന്ത പ്രവൃത്തികളല്ല അതുകൊണ്ട് ആ അസ്തിത്വത്തിന് ഇവിടെ പറയുന്ന പേരാണ് വ്യാവഹാരികമായ അസ്തിത്വം അപ്പോൾ അദ്വൈത മതമനുസരിച്ച് പ്രപഞ്ചത്തിന്റെ വ്യാവഹാരികമായ അസ്തിത്വത്തെ അംഗീകരിക്കുകയും പാരമാർത്ഥികമായ അസ്തിത്വത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അദ്വൈത പ്രതിപാദനത്തിൽ വൈരുദ്ധ്യങ്ങളൊന്നും വരുന്നില്ല കാരണം സാധാരണ രീതിയിൽ ലഘുവായി ചോദിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ അസ്തിത്വമില്ലെങ്കിൽ അതിന് മറ്റൊരു ഭാഷയിൽ പറയുന്നതാണ് പ്രപഞ്ച മിഥ്യാണെങ്കിൽ പ്രപഞ്ചം വിഥ്യാണെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങളെല്ലാം നടക്കുന്നു ഇന്നലെ ഇന്ന് നാളെ എന്നുള്ള ഈ കാലബോധം ഈ കാലത്തിൽ അനുഭവപ്പെടുന്ന അനിശ്ചിതത കാലത്തിൻ്റെ അനുഭവപ്പെടുന്ന സത്യത്വം ഇന്നലെ ഇന്ന് നാളെ സത്യമായിരിക്കുന്നുകൊണ്ടാണ് വ്യവഹാരത്തിൽ നമുക്കൊരു പാരമ്പര്യം അനുഭവപ്പെടുന്നത് ഇന്നലെ ഇതിന്റെ തുടർച്ചയായി ഇന്ന് പ്രവർത്തിക്കുന്നു ഇതിന്റെ നാളെ പ്രവർത്തിക്കുന്നു ഇതെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ആയുസമയം ഇത് അസത്യമാണ് എന്ന് പറയുകയും ജീവനെ സംബന്ധിച്ച് ശരീരത്തെ സംബന്ധിച്ച് സൃഷ്ടി സ്ഥിതി നാശം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് അനുഭവപ്പെടുന്നുണ്ട് ഒരു വസ്തുവിൻ്റെ സൃഷ്ടിസ്ഥിതി നാശം നേരിട്ട് കാണുമ്പോൾ അത് മിഥ്യയാണെന്ന് എങ്ങനെ പറയാൻ കഴിയും മിഥ്യയാണെങ്കിൽ അതെങ്ങനെ ഉണ്ടാകുന്നു എങ്ങനെ നിലനിൽക്കുന്നു മിഥ്യായ ഒരു വസ്തു എങ്ങനെ നിലനിൽക്കുന്നു ഇങ്ങനെയെല്ലാം ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം അതിന് ആണിവിടെ സമാധാനം പറയുന്നത് അത്തരം നമ്മൾക്ക് അനുഭവപ്പെടുന്ന എല്ലാ സത്യത്തും ഈ വ്യാവഹാരികമായ സത്യത്വത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് വ്യവഹാരം നടക്കുന്നതിന് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വ്യവഹാരത്തിന് ഒരിക്കലും പാരമാർത്ഥിക സത്യത്വത്തിൻ്റെ ആവശ്യമില്ല പാരമാർത്ഥിക സത്യത്വത്തിൽ വ്യവഹാരം ഇല്ല എന്നുള്ളതാണ് പരമാർത്ഥം വ്യവഹാരം ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ പരമാർത്ഥമെന്ന് പറയുന്നത് മറിച്ചീ വ്യവഹാരങ്ങൾ അതായത് ഈ പ്രവൃത്തികളും ചിന്തയും എല്ലാം അത് വ്യാവഹാരിക സത്യത്വത്തിലേ ഉള്ളൂ അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ചേ ഉള്ളൂ എന്ന് ഈ പ്രപഞ്ചത്തിന് ഈ വ്യാവഹാരിക സത്യത്വം എവിടെ നിന്ന് വന്നു അത് ഈ അറിവിനെ ആശ്രയിച്ച് അറിവിന്റെ ഉണ്മയെ അതിലേക്ക് ആരോപിക്കുന്നതുകൊണ്ടാണ് അതിനത് കൈ അങ്ങനെ ഒരിത് വരുന്നത് അതുകൊണ്ട് പാരമാർത്ഥികമായ സത്യത്വം അത് പ്രപഞ്ചത്തിൽ ഇല്ല അതുകൊണ്ട് സാധാരണ പറയുമ്പോൾ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അത് സത്യമാണെന്നും ചില ഭാഗങ്ങളിൽ പറയും ഇത് സത്താണ് ശ്രുതിയിലും മറ്റും പറയും ഇത് സത്താണ് ശ്രടത്ത് പറയും ഇത് അസത്താണ് ഇത് രണ്ടു പറഞ്ഞിരിക്കുന്നത് ശരിയാണ് പ്രപഞ്ചം സത്യം ആണ് എന്ന് പറയുന്ന അറിവിനെ ആശ്രയിച്ച് അതിന് സത്യത്വം ഉണ്ട് എന്നത് എന്നിടക്കണം ആ മിഥ്യണെന്ന് പറയുമ്പോൾ അറിവിനെ ആശ്രയിക്കാതെ അതിന് സത്യത്വം ഇല്ല എന്നേ അതിനർത്ഥമാണ് അതാ മിഥ്യ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ സാധാരണ ലൗകിക അർത്ഥത്തിൽ പറയുന്ന ആ ശബ്ദമല്ല അവിടെ പ്രയോഗിക്കുന്നത് അതിന് ലൗകികമായ അർത്ഥമാണ് തികച്ചു സാങ്കേതികമായ ശബ്ദമാണ് ഇവിടെ അദ്വൈതത്തിൽ പറയുന്ന മിഥ്യാത്വം ില്ല എന്നുള്ള അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത് മിഥ്യ എന്ന് പറയുന്നത് എപ്പോഴും അനർവചനീയം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് നമ്മൾ അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം നമ്മൾ സാധാരണ ഭാഷയിൽ അതുവരെ മിഥ്യയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതില്ലാത്തതാണ് എന്നാണ് പക്ഷെ ഇവിടെ ശാസ്ത്രത്തിൽ മിഥ്യ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നത് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് അനർവചനീയം നിർവചിക്കാൻ കഴിയാത്തതാണ് എന്നുള്ള അർത്ഥത്തിലാണത് പ്രയോഗിക്കുന്നത് അതുകൊണ്ട് ആ അർത്ഥവ്യത്യാസം മനസ്സിലാക്കാതെ നമ്മൾ മിഥ്യ എന്ന് പറഞ്ഞ് ഇല്ലാത്തതാണ് ഇല്ലാത്തതാണെങ്കിൽ പിന്നെ ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കുന്നത് ആ ശബ്ദത്തിൻ്റെ അർത്ഥം ധരിക്കാതെയാണ് നമ്മൾ ചിന്തിക്കുന്നത് പണ്ട് ഒരു സ്ഥലത്തും അങ്ങനെ ഒരു ശബ്ദം മിഥ്യ എന്ന് പറയുന്ന ശബ്ദം നിഷേധാർത്ഥത്തിൽ ഇവിടെ ഥ്യാത്വത്തെക്കുറിച്ച് പറയുന്നിടത്ത് പ്രയോഗിക്കുന്നേ ഇല്ല മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന് നിഷേധം എന്നുള്ളത്ഥണ്ട് സംസ്കൃത ഭാഷയിലും ഉണ്ട് മിഥ്യന്ന് പറഞ്ഞാൽ ന ഇല്ല അല്ല എന്നുള്ള പ്രയോഗിക്കും പക്ഷെ പ്രപഞ്ച മിഥ്യാത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തോടത്തും മിഥ്യാ ശബ്ദത്തിന് നിഷേധാർത്ഥം അല്ല മറിച്ചാന് അണുവചനീയം എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് പ്രപഞ്ചം ഉണ്ടെന്ന് െന്നും പറയാ പ്രപഞ്ചം ഉണ്ടെന്നും ഇല്ലെന്നും പറയുമ്പോൾ അതിന് വൈരുദ്ധ്യം വരുന്നു ഉണ്ടെന്നും ഇല്ലെന്നും ഒരു വസ്തുവിനെ കുറിച്ച് പറയും ആ വൈരുദ്ധ്യം ആണ് അനർവചനീയം എന്ന് പറയുന്നത് ആ വൈരുദ്ധ്യത്തെയാണ് കാരണം നിർവചിക്കാൻ കഴിയുന്നില്ല ഉണ്ടെന്ന് പറയാനും കഴിയുന്നില്ല ഇല്ലെന്ന് പറയാനും കഴിയുന്നില്ല അങ്ങനെ വരുമ്പോ അതിനെ അനർവചനീയം എന്ന് പറയും അപ്പൊ മിഥ്യാശബ്ദത്തിന് അതാണ് അർത്ഥം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയാതിരിക്കുക എന്നു പറഞ്ഞാൽ അനുഭജനീ എന്നുള്ള അർത്ഥമാണ് നിഷേധാർത്ഥം അല്ല അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല ഒരു പ്രത്യക്ഷമായി വ്യവഹാര വിഷയമായിരിക്കുന്ന വ്യവഹാര യോഗ്യമായിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു ശാസ്ത്രത്തിനും ഒരു സിദ്ധാന്തത്തിനും ഒരു തത്വശാസ്ത്രത്തിനും അങ്ങനെ നിഷേധിക്കാൻ പറ്റത്തില്ല അങ്ങനെ നിഷേധിക്കത്തുമില്ല അങ്ങനെ നിഷേധിക്കുന്നു എന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്നതാണ് അനർവചനീയം എന്ന് പറയാം നിർവചിക്കാൻ കഴിയുന്നില്ല അത്യന്തികമായ സത്താണെന്ന് നിർവചിക്കാൻ കഴിയുന്നില്ല ആത്യന്തികമായ ഇത് ശൂന്യമാണ് അല്ലെങ്കിൽ ഇല്ലാത്തതാണ് എന്നും നിർവചിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അനിർവചനീയം എന്ന് പറയുന്നു അത് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ പരമാത്മാവ് സർവ്വ വിഷയങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത് അനർവചനീയമാണ് നിർവചിക്കാൻ കഴിയത്തില്ല എന്നാണ് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ അന്തർഭവിക്കുന്നതാണ് സ്ഥൂല സൂക്ഷ്മ കാരണങ്ങൾ എല്ലാം ഈ പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു സ്ഥൂലമായിരിക്കുന്ന ഈ പ്രപഞ്ചം സൂക്ഷ്മമായിരിക്കുന്ന അന്ധകരണം സൂക്ഷ്മ പ്രപഞ്ചം കാരണമായിരിക്കുന്നു ഇതിനെല്ലാം കാരണമായിരിക്കുന്നു അവിദ്യമായ ശക്തി ഇതുമൂന്നും ഈ പ്രപഞ്ചത്തിന് അനുഭവിച്ചിരിക്കുന്നു അതിൽ സൂക്ഷ്മ തലത്തിലാണ് അനുഭവങ്ങളെല്ലാം തിളക്കുന്നത് വ്യാവഹാരികമായ അനുഭവങ്ങളായാലും എത്ര അനുഭവം ഏതുവരെ ചെലവ് അതെല്ലാം സൂക്ഷ്മ തലത്തിൽ അന്തകരണത്തിന്റെ തലത്തിൽ ഇളക്കുന്നു എല്ലാ അനുഭവങ്ങളും അന്ധകരണത്തെ ആശ്രയിക്കാതെ അനുഭവം ഇല്ല അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ ത്രിപുടി ത്രിപുടി എന്ന് പറയുമ്പോൾ അവിടെ അന്ധകരണം എന്ന് പറയുന്ന ഒരു ഘടകമായി വരും അല്ലെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചത്തിലാണ് സർവ അനുഭവങ്ങൾ അതാണ് അതിനപ്പുറം കാരണം അതിന് അവ്യക്തമെന്ന് പറയുന്നത് അത് അവ്യക്തം എന്ന് പറയുന്നു അവിടെ അനുഭവം ഇല്ല അതില് പറയും അവ്യക്തത്വം പരപുരുഷ അവ്യക്തത്തിനപ്പുറം പരമപുരുഷൻ അവ്യക്തം എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ അനുഭവിച്ചിട്ട് അറിയാതിരിക്കുകയില്ല അനുഭവിക്കാനേ കഴിയുന്നില്ല അങ്ങനെ ഒരുത്തല് അതിനപ്പുറം പിന്നീടൊന്നും അനുഭവാതീതം എന്ന് പറയും അനുഭവ ബ്രഹ്മ എന്ന് പറയും അപ്പൊ അത് സ്ഥൂല സൂക്ഷ്മ കാരണരൂപത്തിലുള്ള ഈ പ്രപഞ്ചത്തിനപ്പുറം എന്നാണ് കാരണം ആദ്യം അപ്പൊ അനുഭവങ്ങളെല്ലാം അതിൽ നമുക്ക് മനസ്സിലാക്കാം പ്രപഞ്ച അന്തർഗതമാണ് എല്ലാ അനുഭവങ്ങളും എവിടെ അനുഭവമുണ്ടോ അത് അവിടെ പ്രപഞ്ചമുണ്ട് എത്ര ഭാനം തത്ര ഭാസ്യം എവിടെ ഭാനമുണ്ടോ അവിടെ ഭാസ്യമുണ്ട് എവിടെ അനുഭവമുണ്ടോ അവിടെ പ്രപഞ്ചമുണ്ട് അപ്പോ അനുഭവ അതീതം അഭ്യുക്തം അഭ്യക്തത്തിനും അപ്പുറമാണ് പരമപുരുഷൻ അതുകൊണ്ട് തന്നെ അനുഭവ അതീതം എന്ന് പറയുന്നു അപ്പൊ അനുഭവങ്ങളെ നിർവചിക്കാൻ കഴിയുന്നില്ല എന്ന് അതാണ് ഇവിടെ ഇപ്പം പറഞ്ഞു കൊന്നു അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വിശദീകരിച്ചത് അനുഭവത്തെ നിർവചിക്കാൻ കഴിയില്ല എന്തുകൊണ്ട് നിർവചിക്കാൻ കഴിയില്ല അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനൗവചനീയമാണ് മായാകാരിയമാണ് അനുഭവം അത് തന്നെ അത് ലൗകികമായാലും ശരി അലൗകികമായാലും ശരി അനുഭവം അത് മായാകാരികമാണ് മായാസൃഷ്ടമാണ് അതൊരിക്കലും നിർവചിക്കാൻ സാധ്യമുണ്ട് ഒരു അനുഭവങ്ങളും പൂർണ്ണമായും നിർവചിക്കാൻ സാധ്യമുണ്ട് അനുഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ വാചികമായ വിശദീകരണങ്ങൾ വാക്കുകൊണ്ടുള്ള നമ്മളെ വിശദീകരണങ്ങൾ അത് അപൂർണമാണ് ഭാഗികമാണ് ലൗകിക വിഷയങ്ങളായ നിശ്ചയിച്ച് അതിനെക്കുറിച്ചുള്ള മാനസികമായ ചിന്ത ഭാവന അതും പൂർണ്ണമല്ലാതെ അനുഭവം ഒരു അനുഭവത്തെയും അതുപോലെ നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല ചിന്തിക്കുമ്പോൾ അത് ന്യൂനത സംഭവിക്കും ഇതെല്ലാം അനരോചനീയ കൂടിയിൽപ്പെടുന്നതാണ് എന്തുകൊണ്ട് ഇതെല്ലാം പ്രപഞ്ച അന്തർഗതമാണ് അതാണ് ഇവിടെ പറയുന്ന ഭാതി വിഭാതി വ ഈ അനുഭവത്തെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയും എല്ലാ അനുഭവങ്ങളും അപൂർണമായിരിക്കും ഈ അനുഭവം അപൂർണമാണ് അതുകൊണ്ട് ഇതിനനുഭവിക്കുന്നു എന്നും അനുഭവിക്കുന്നില്ല എന്നും പറയാം ഏതുപോലെ പ്രപഞ്ചം ഉണ്ടെന്നും പ്രപഞ്ചം ഇല്ലെന്നും പറയുന്നതുപോലെ കാരണം ആ അനുഭവത്തിനൊരു പാരമാർത്ഥികമായ നിലനിൽപ്പില്ല വ്യാവഹാരികമായ നിലനിൽപ്പുകളെ ഉള്ളൂ എല്ലാ അനുഭവങ്ങൾക്കും അതുകൊണ്ടാണ് ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് സ്വയം പ്രകാശിക്കുന്നതാണ് ഒരിക്കലും അനുഭവ വിഷയമല്ല കാരണം അതിന്റെ നിലനിൽപ്പ് പരമാർത്ഥികമാണ് അവിടെ അനുഭവങ്ങളില്ല എന്ന സാക്ഷാത്കാരം എന്നാ പറയുന്നത് അത് പരമസാക്ഷാത്കാരം എന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ് അനുഭവ വിഷയമല്ല അനുഭവം പിന്നെ വ്യത്യാസം വരും അനുഭവങ്ങൾക്ക് ഏറ്റക്കുറച്ചിൽ വരും ആ അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചുകൾക്കനുസരിച്ചിട്ടാണ് ജ്ഞാനിയെന്നും അജ്ഞാനിയെന്നും വിവേ എന്നും എല്ലാം മനുഷ്യനെത്തിയിരിക്കുന്നത് അത് അനുഭവങ്ങളുടെ ഏറ്റക്കുറച്ചിനനുസരിച്ചിരിക്കുന്നതാണ് പാരമാർത്ഥികമായി ഇത് തത്വം അനുഭവ അതീതമാണ് അനോകീയമായ തലത്തിൽ പെടുന്നതല്ല അലോകനീയമായ അനുഭവ തലങ്ങളിൽ പെടുന്നതല്ല മായാകാര്യമല്ല അവ്യക്തപ്രഭവമല്ല ബാക്കിയെല്ലാം അവ്യക്തപ്രഭവ സർവം അവ്യക്തത്തിൽ നിന്നുണ്ടാകുന്നതാണ് സർവവും ഇത് അവ്യക്തമല്ല എന്ന അത്തരം കാര്യങ്ങളാണിവിടെ ഈ അവസാന മന്ത്രങ്ങളിൽ വിശദീകരിക്കുന്നത് തസ്യഭാസ സർവമിതം ഈ ഭാവി അത് അനുഭവ സ്വരൂപമാണ് ആ അനുഭവത്തെ ആശ്രയിച്ച് അനുഭവ സ്വരൂപമായി അതിനെ ആശ്രയിച്ച് നമ്മുടെ സർവ്വ അനുഭവങ്ങളും എത്ര പരമമായ അനുഭവമായ എല്ലാ അനുഭവങ്ങളും അതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ് അങ്ങനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുകൊണ്ട് ഇതൊന്നും സത്യമല്ല എന്നാണ് ആ വെളിച്ചത്തെ ആശ്രയിച്ച് സർവ്വ വെളിച്ചങ്ങളും നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അനുഭവ സ്വരൂപമായ ആത്മാവിനെ ആശ്രയിച്ച് സർവ അനുഭവങ്ങളും നിലനിൽക്കുന്നു ഈ ഒരനുഭവങ്ങളും പാരമാർത്ഥികമല്ല പക്ഷെ അനുഭവത്തെ നിഷേധിക്കുകയല്ല മറിച്ചത് പാരമാർത്ഥികം അല്ല എന്ന് പറയുകയാണ് അതിനെല്ലാം വ്യാവഹാരികമായ ഉണ്മ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ അതാണിവിടെ ചർച്ച ചെയ്തത് അടുത്ത് വരുന്നത് തൃതീയ വലിയ ആണ് ഇത് ചർച്ച ചെയ്തിട്ടുള്ളതല്ല അത് ഞാനൊന്ന് വായിക്കാം ഊർധ്വമൂലോ യേശോ ശുദ്ധ സനാതനഹ തദേ ശുക്രമ തദേമു കസ്മലോകൃത തേരി കൈ തത് ഞ്ഞ്ച ജഗത്സവ എജതിനിസൃതം മഹദ്ഭയം വജ്രതം ഏതദ്വിതുരമൃതത്തെ ഭയാദഗ്നിപതി ഭയാപതി സൂര്യ ഭയാദിന്ദ്രസ്ഥുസ്ഥ മൃത്യൃദ്ധാവതി പഞ്ച ഇഹ ചേത് അശദ്ബോധം പ്രശ്നസ്രസ തതസു ലോക ശരീരവായ കൽപ്പ तथा तथा छाया തവപുരീവ ദലോകെ ഛാതപയൂരിവ ബ്രഹ്മലോകം പൃഥ്ഗ്ഭാവം ഉദയാസ്തമയോചയത് പൃഥക് ഉത്പയമാീരോച്യ പരം മനോ മനസുത്ത സാധിമഹത്മാ മഹദോ അതു പരപുരുഷോ വ്യാപകോ ലിംഗ് മുച്ച അമൃത न നന്ദൃശി തിഷതി രുപമ്യ ചുഷാ പശ്യതി കൈനീഷാമനസക്ലിപ്തോദുരമൃതസ്ഥേ പഞ്ചാവത്തി മനസുദ്ധിശേതി സമാഹു പരമാംതി മ സ്ഥിരാധാരണ അപ്രമത്ത യോഗോ ഹി പ്രഭവായൗ നൈ വാചാമനസ अस्ति ോ നക്ഷുഷാ അസ്തിരി ബ്രുവതോന്യത്രുപലഭ്യത അസ്തിവോപലധവ്യഭാവന ചോഭയോ അസ്തിവോപലധ്യ തോഭാവ പ്രസീദത്തിന് കൃതി ശ്രുത അഥ മൂ അമൃതോ അത്ര ബ്രഹ്മസമു പ്രഭിന് ग्रंथय अथ मतो अमृतोदी येद्युशनम शतका जाढ़्य मूर्धान अभिशत തയൂർധമായൻ അമൃതമേതിഷന ഉത്മണേഭി അംഗുഷ്ടമാത്രഷോന്ദ സദാ ജന സവിഷ്ടം സ്വാശ്ശരീരേ പ്രവൃഹേത് देना दे दे दे दे दे। तम सुक्रम तम सुक्रम तम सुक्रम മുഞ്ചാദി വേശീകാധൈര്യയാമൃത മൃത്യു പ്രോക്തേതോ അധ ലബ്ധ്വാ വിത യോവിധിസ്ന ബ്രഹ്മപ്രാ വിരജോ ഭൂവിമൃത്യു അന്യോപ്യംയോ വിദ്യാത്മമേവ ഓ സഹനോ സഹ നൗഭുനത്തോ സഹ വീര്യം കരവഹൈ തേജസ് അവസാനമല്ലിൽ സംസാരവൃക്ഷത്തെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് അതിനു ഭാഷകാരൻ ഇവിടെ പറയുന്നത് വൃക്ഷ ക്രിയതകാര്യവൃക്ഷ അവധാരണേന ตนमूलस्य ब्रह्मणः स्वरूपकव विधारयशया यम षष्ठी वल्ली आरभ्यते यम षष्ठी वल्ली आरभ्यते ई वल्लीम आरामते वल्लीम ആരംഭിക്കുന്നതിന് വേണ്ടിട്ടാണ് ബ്രഹ്മണഃ स्वरूपकव विधारयശയാ അവഷ അവധാരണാർത്ഥ ഇച്ഛാരണം ചെയ്യുന്നതിന് നിർണയിക്കുന്നതിന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം താല്പര്യം അതിനിടെ അവ തിഥാരയിഷ എന്ന് പറയുന്നത് ഇതിന്റെ സ്വരൂപത്തെ നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹം എന്തിന്റെ ബ്രഹ്മണ ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ നിർണ്ണയിക്കണം ഇതുവരെയുള്ള ചർച്ചയിലൂടെ അത് നിർണയിച്ചു കഴിഞ്ഞു എന്നാലും ശിഷ്യന്റെ സംശയങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിനുള്ള നിഷ്ഠ ദൃഢത അതുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആണ് വീണ്ടും യമദേവൻ ഉപദേശിക്കുന്നത് അത് ഏതുപോലെ പറയുന്നു തൂല അവധാരണേന ൂലഅ അവധാരണം വൃക്ഷസ് ഏതെങ്കിലും ഒരു അംശത്തെ കണ്ടിട്ട് ആ വൃക്ഷം ഇന്നതാണെന്ന് നിർണയിക്കുന്നു ഒരു ഇല കാണും ഒരു ഇല കണ്ടിട്ട് നശയിക്കുന്നു ഇത് ഇന്ന വൃക്ഷത്തിന്റെ ഇലയാണ് ഒരു ഫലം കാണും ഒരു ഫലത്തെ കണ്ടിട്ട് നിശ്ചയിക്കുന്നു ഈ ഫലം ഇന്ന വൃക്ഷത്തിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് ഈ ഫലമുണ്ടായത് ഇന്ന വൃക്ഷമാണ് അല്ലെങ്കിൽ ഒരു പുഷ്പം അത് കണ്ടിട്ട് നിർണ്ണയിക്കുന്നു തൂലം എന്ന് പറയുന്നത് സാധാരണ പഞ്ഞി പഞ്ഞിയാണ് അപ്പോൾ അത് ഉദാഹരണമായിട്ടെടുത്തു അത് സാധാരണ പ്രസിദ്ധമാണ് നമ്മൾ അപ്പന്താടി എന്ന് പറയും അതിങ്ങനെ ആകാശത്ത് പറന്ന് കിടക്കും അതെടുത്തിട്ട് അത് കണ്ടിട്ട് പറയുന്നത് ഇന്ന വൃക്ഷത്തിന്റെയാണ് ആ അത് കണ്ടുകഴിഞ്ഞാ നമ്മൾ പറയുന്നു അല്ലെങ്കിൽ പഞ്ഞി ഇലവ് വൃക്ഷത്തിന്റെയും മറ്റും പഞ്ചി അതിങ്ങനെ ആകാശത്ത് പറന്ന് കിടക്കും അത് എടുത്തിട്ട് പറയുന്നു ആ ഇത് ഇന്ന വൃക്ഷത്തിൽ നിന്ന് വന്നതാണ് അല്ലെങ്കിൽ ഈ പഞ്ഞി ഇന്ന വൃക്ഷത്തിൻ്റെ ഇതാണെന്ന് നിർണ്ണയിക്കുന്നു ആ കാര്യത്തെ കണ്ടിട്ട് കാരണത്തെ ഉറപ്പിക്കുന്നു എന്ന് ചുരുക്കും അതിനാണിവിടെ പറഞ്ഞിരിക്കുന്നത് തൂല അവധാരണേന മൂല അവധാരണം ആ വൃക്ഷത്തിൽ നിന്ന് പറന്നു വരുന്ന പഞ്ഞിയോ പുഷ്പമോ ഇലയോ ഫലമോ എന്തെങ്കിലും കണ്ടിട്ട് ഇതിന്ന വൃക്ഷത്തിൽ നിന്നുണ്ടായതാണ് ഇതിന്റെ കാരണം ഇന്നതാണ് എന്ന് ആ കാര്യത്തെ കണ്ടിട്ട് ലോകേ ജനങ്ങൾ സാധാരണ നിസ്റ്റയിക്കുന്നു ഏവം ഇതുപോലെ സംസാരകാര്യവൃക്ഷ അവധാരണേന സംസാരമാകുന്ന വൃക്ഷം സംസാരമെന്ന് കാര്യമാണ് ഏതോ ഒരു കാരണത്തിൽ അങ്ങനെയുള്ള കാര്യരൂപത്തിലുള്ള ഈ വൃക്ഷത്തെ നിശ്ചയിച്ചു കൊണ്ട് ഇതിന്നതാണ് ഈ വൃക്ഷത്തിന്റെ സംസാരവൃക്ഷത്തിന്റെ സ്വഭാവം ഇന്നതാണ് എന്താണ് അത് നിത്യമല്ല അത് നശിക്കുന്നതാണ് ഈ തരത്തിൽ അതിന്റെ അതിനെ നിർണ്ണയിച്ചുകൊണ്ട് തന്മൂലസ്യ ബ്രഹ്മണ തന്മൂലസ്യ തത് മൂലം കാരണം യസ്യ ആ സംസാരവൃക്ഷം ത്തിന് കാരണമായിരിക്കുന്ന ബ്രഹ്മത്തെ തത് പരമാത്മാവ് മൂലം കാരണമായിരിക്കുന്ന ഏതനാണ് ഒരു സംസാരം കാരണമായിരിക്കുന്ന ഏതൊരു പരമാത്മാവാണ് അല്ലെങ്കിൽ സംസാരത്തിന് കാരണമായിരിക്കുന്ന ആ പരമാത്മാവ് അങ്ങനെയുള്ള ആ പരമാത്മാവിന്റെ സ്വരൂപത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് വൃക്ഷം വൃച് എന്ന് പറയുന്ന ധാതുവിന് ഛേദിക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം ഓ വൃതന് എന്നാണ് ബാണിനി പറയുന്നത് വൃച്ഛ എന്ന് പറഞ്ഞാൽ ഛേദിക്കുക എന്നാണ് അപ്പോൾ ഛേദിക്കപ്പെടുന്നത് അതാണ് വൃക്ഷം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം തന്നെ ഛേദിക്കപ്പെടുന്നത് ർഹമായത് ഛേദിക്കാൻ യോഗ്യമായത് നശിപ്പിക്കാൻ യോഗ്യമായത് അതുകൊണ്ടാണ് ഇതിനെ വൃക്ഷമായി കൽപ്പിക്കുന്നത് ഈ സംസാരത്തിന് വൃക്ഷമാണെങ്കിൽ അത് നശിപ്പിക്കാൻ പറ്റും അപ്പൊ ഈ സംസാരം മൊത്തത്തിലുള്ള വൃക്ഷമാണ് എന്തുകൊണ്ട് അതും ഛേദിക്കപ്പെടാൻ പറ്റിയതാണ് മുറിച്ചുകളാണ് അപ്പൊ സാധാരണ വൃക്ഷം എന്ന് പറയുന്നത് ഭൂമിയിൽ ദൃഢമായി അത് പിടിച്ച് നിൽക്കുന്നതാണ് കാറ്റിനെയും മഴയും ഒക്കെ അതിജീവിച്ച് ശക്തമായി നിൽക്കുന്നതാണ് പക്ഷെ അങ്ങനെ വളരെ ശക്തമായി നിൽക്കുന്നതാണെങ്കിലും അത് പ്രകൃതിക്ഷോഭങ്ങളെല്ലാം അതിജീവിച്ച് നിൽക്കുന്നതാണെങ്കിലും അതിനെ നശിപ്പിക്കാൻ കഴിയും അനുച്ഛേദിച്ച് കളയാൻ പറ്റും ബലമുള്ളതാണെങ്കിലും നശിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണിതിനെ ഈ സംസാരത്തെ വൃക്ഷത്തോട് ഉപയോഗിക്കുന്നത് ഈ സംസാരം വളരെ ദൃഢമാണ് ദൃഢ ബന്ധമാണ് പക്ഷെ അതിനനുഛേദിക്കാൻ കഴിയും കാരണം അതിന്റെ സ്വഭാവം തന്നെ അതുകൊണ്ട് തന്നെ വൃക്ഷം ഒന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ സംസാരവൃക്ഷത്തിന്റെ കാരണം മൂലം എന്താണ് വിക്ഷമൂലം എന്ന് പറയുന്നത് വൃക്ഷത്തിന്റെ വേരുകളെയാണ് മൂലം എന്ന് പറയുന്നതിന് വേരെന്നർത്ഥമുണ്ട് സംസ്കൃതത്തിന്റെ അപ്പൊ വൃക്ഷമൂലം വൃക്ഷത്തിന്റെ വേര് അതുപോലെ വൃക്ഷത്തിന്റെ വേരെന്ന് പറയുന്നത് ആ വൃക്ഷത്തെ താങ്ങി നിർത്തുന്നത് ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത് അതിന് സർവ്വാധാരമായിരിക്കുന്നതാണ് അതുപോലെ ഈ സംസാരവൃക്ഷത്തിനും ഒരു ആധാരം ഉറച്ചൊരു ഭാഗം ഒരു വേരുണ്ടായിരിക്കും വേരിനെയും നമ്മളതിനെ കാരണമെന്ന് പറയുന്നു വേറിന് എന്തുകൊണ്ട് കാരണമെന്ന് പറയുന്നു വേരിൽ നിന്നും നല്ല വൃക്ഷം ഉണ്ടായിരുന്നു പക്ഷെ വേരിന് ആ വേരെന്നു പറയുന്നത് വൃക്ഷത്തിന് സർവ്വാധാരമായി നിൽക്കുന്നു ആ വൃക്ഷത്തിന് പിടിച്ചു നിർത്തും നിലനിർത്തും ഭൂമിയിൽ ഉറപ്പിച്ച് അതുപോലെ ഈ സംസാരവൃക്ഷത്തെ നിലനിർത്തിയിരിക്കുന്നത് ഉറപ്പിച്ച് നിലനിർത്തിയിരിക്കുന്നത് ദൃഢമായി നിലനിർത്തിയിരിക്കുന്നത് അതാണ് ഈ സംസാരവൃക്ഷത്തിന്റെ മൂലം അത് പരമാത്മാവാണ് ഈ സംസാരവൃക്ഷത്തിന്റെ മൂലമായിരിക്കുന്ന ആ പരമാത്മാവിന്റെ ബ്രഹ്മണ സ്വരൂപ അതിന്റെ സ്വരൂപത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടി കാര്യത്തെ അറിയാൻ കഴിയുന്നുള്ളു സംസാരവൃക്ഷത്തെ അറിയാൻ കഴിയുന്നുള്ളു കാരണത്തെ അറിയാൻ കഴിയുന്നില്ല അതിനും നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്നില്ല അതിനു നിർദ്ധാരണം ചെയ്യുന്നതിനു വേണ്ടി അതിന്റെ സ്വരൂപത്തിൽ അതിനുവേണ്ടിയിട്ടാണ് ഈ വലി ആരംഭിക്കുന്നത് അതായത് ഈ സംസാരവൃക്ഷവും അതിന് കാരണമായിരിക്കുന്ന ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിലൂടെ ആ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ നിർണ്ണയിക്കുകയാണ് മുൻഭാഗങ്ങളിലും ബ്രഹ്മസ്വരൂപം നിർണയം തന്നെയാണ് ചെയ്തത് ഇവിടെ പിന്നെ വിശേഷിച്ച് എന്താ ചെയ്യുന്നത് ഇവിടെ അതിനെ നിർണ്ണയിക്കുന്നത് സംസാരവൃക്ഷവുമായിട്ടുള്ള അതിന്റെ ബന്ധത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് അതാണ് ഈ മല്യയുടെ വിശേഷത അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതും അതുമായിട്ടെന്താണ് ബന്ധം വൃക്ഷവും അതിന്റെ പേരുമായിട്ട് മൂലം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് അതുമായിട്ട് അഭേദ്യമായ ബന്ധമാണ് അത് രണ്ടും കൂടി ചേർന്ന് ഒന്നായിട്ടിരിക്കുകയാണ് വിക്ഷവും പേരും വേറെ വേറെ അങ്ങനെയാണെങ്കിൽ ഈ സംസാരവൃക്ഷവും ഇതിന്റെ പേരും തമ്മിലുള്ള ബന്ധമുണ്ടാവും അതും അതുപോലെ തന്നെ അഭേദ്യമായിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഇതിൽ നിന്ന് അതിനെ വേർപെടുത്താൻ ഒക്കത്തില്ല ഈ വൃക്ഷത്തിൽ നിന്ന് അതിന്റെ മൂലമായിരിക്കുന്ന പേരായിരിക്കുന്ന ബ്രഹ്മത്തെ വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒന്നായിട്ടിരിക്കുക അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ഊർധ്വമൂലഹ് സനാതന ആ ഭാഗത്തെയാണ് ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നത് ഇതേ മന്ത്രം തന്നെയാണ് ഗീതിയിൽ ശ്ലോക രൂപത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഒരു അനുകരണമാണ് ഗീതയിലും വന്നിരിക്കുന്നത് ഊർധ്വമൂലം എന്ന് പറയുന്നത് അതിവിടെ അല്പം മാറ്റി പറയുന്ന വിഷ്ണു പരമം പദം അസേരി സ്വയം അവ്യക്താദി സ്ഥാവരാന്ത സംസാരവൃക്ഷ ഊർധ്വമൂല ഊർധ്വമൂലം എന്ന് പറയുന്നത് എന്തിനാണ് ഊർധ്വമായ മൂലത്തോട് വേരോട് കൂടിയത് എന്താണത് ഊർധ്വമായ വേരോട് കൂടിയത് പറയുന്നു ഈ സംസാരവൃക്ഷം ഈ സംസാരം തന്നെ അതായത് ആ പരമാത്മ ഭാവത്തിൽ നിന്നും ഒരു ച്യുതി സംഭവിച്ച് ഈ ജീവഭാവത്തിൽ ആ പരമാത്മാവ് തന്നെ സ്ഥിതി ചെയ്യും ഇപ്പൊ ഇവിടുത്തെ വൃക്ഷം എന്ന് പറയുന്നത് ഈ ജീവൻ തന്നെ ജീവഭാവത്തിൽ ഈ സ്ഥിതി ചെയ്യുന്ന കാരണം വൃക്ഷവും വേരും വേറെ വേറെയാണ് രണ്ടും ഒന്നു വൃക്ഷത്തി വേരനെയും വേറെ വേരായിരിക്കുന്നത് പരമാത്മാവും വിക്ഷമായിരിക്കുന്നത് ജീവനും ആ ജീവനോട് ചേർന്നിരിക്കുന്ന ഈ പ്രപഞ്ചം ജീവനെന്ന് പറയുമ്പോൾ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാധനം മാത്രമല്ല ഇവിടെ പറയുന്ന എന്താണ് അവ്യക്താദി സ്ഥാപനാന്ത അവ്യക്തം തുടങ്ങി സ്ഥാപനം വരെയുള്ള സർവവും ഈ ജീവനോട് ചേർന്നിരിക്കുന്ന പ്രപഞ്ചവും അതാണ് ഈ സംസാരവൃക്ഷം അതിനെയാണ് ഇവിടെ സംസാരവൃക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ഊർധ്വം മൂലമാണ് പരമാത്മാവാകുന്ന പേരോടുകൂടിയതാണ് എന്നർത്ഥം ഊർധ്വം എന്ന് പറയുന്നത് അഥ എന്ന് പറയുന്നതിൻ്റെ വിപരീതമാണ് താഴെ താഴെ ഉള്ളത് ഊർധ്വം എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത് താഴെ ഉള്ളത് എന്ന നടത്തിട്ടാണ് ഊർധ്വം ആണ് അതിന്റെ മൂലം വേര് അതിന്റെ വേര് മുകളിലാണ് എന്നാണ് കാരണം വേര് താഴെയാണ് വൃക്ഷത്തിൽ താഴുന്ന ഭാഗത്ത് മണ്ണിനടിയും ഇവിടെ അങ്ങനെ ഇവിടെ ഈ വൃക്ഷത്തിന്റെ വേര് മുകളിലാണ് ഊർധ്വമാണ് അപ്പോൾ ഊർദ്ധ്വം മുകളിൽ എന്ന് പറയുമ്പോൾ എന്തിന് മുകളിൽ മുകളിൽ എന്ന് പറയുമ്പോ സംസാര അതീതമാണ് ഈ സംസാരത്തിന് അന്തർഭവിച്ചിരിക്കുന്ന സർവത്തെയും നമുക്ക് താഴെ വിളിച്ചാൽ അത് താഴെ ആണെന്ന് പറഞ്ഞു പ്രപഞ്ചം മൊത്തം താഴെയാണെന്ന് പറയാം ഏതിനെ അപേക്ഷിച്ച് ആപേക്ഷികമായി പിറയുകയാണ് അപേക്ഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ച താഴെയാണെങ്കിൽ പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്നു പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന വസ്തു അത് മുകളിലാണെന്ന് പറയും അതിൽ ഭഗവാൻ മുകളിലിരിക്കുന്നു നമ്മൾ പറയും സ്വർഗം മുകളിലാണെന്ന് കൽപ്പിക്കുന്നു മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു തൊഴുന്നു എന്തുകൊണ്ട് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു തൊഴുന്നത് ഈ പ്രപഞ്ചത്തിന് അതീതമായ ഈ പ്രപഞ്ചത്തെ അതിക്രമിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ച സംസാര ബന്ധമില്ലാതിരിക്കുന്നതാണ് അപ്പോൾ സംസാര ബന്ധമില്ലാത്തത് പ്രപഞ്ചാതീതം എന്നുള്ള അർത്ഥത്തിലാണ് മുകളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തിന് മുകളിൽ പ്രപഞ്ചത്തെ അതിക്രമിച്ച് നിൽക്കുന്നത് അതാണ് ഊർധ്വം എന്ന് പറയുന്നത് ഊർധ്വമാണീ സംസാരവൃക്ഷത്തിന്റെ വേര് അതായത് പിടിച്ചു നിൽക്കുന്ന എന്തോ ഒന്നുണ്ട് അതാണ് വേരെന്ന് പറയും ഈ വൃക്ഷത്തെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നതുപോലെ ഈ സംസാരത്തെ നിലനിർത്തുന്നു താങ്ങി നിർത്തുന്നു മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ സംസാരത്തിന് ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത് പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു പ്രപഞ്ച ബാഹ്യമായിരിക്കുന്നു ഒന്നിനതിൽ തന്നെ നീക്കാൻ പറ്റത്തില്ല ഒന്നിന് മറ്റൊന്നിനെ നീക്കാൻ പറ്റും ഒന്നിന്റെ ആശ്രയം മറ്റൊന്നേ ആകത്തില്ല അത് തന്നെ ഈ സംസാരവൃക്ഷത്തിന് ആശ്രയമായിരിക്കുന്നത് ഈ സംസാരവൃക്ഷത്തിന്റെ അധിഷ്ഠാനമായിരിക്കും അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്നത് അതിനാണ് അധിഷ്ഠാനം എന്ന് പറയുന്നത് ഒന്നിന് നിലനിർത്തുന്ന മറ്റൊന്ന് അതാണ് അതിന്റെ അധിഷ്ഠാനം അധികരണം എന്നും പറയും ഒന്നിന് നിലനിർത്തുന്ന മറ്റൊന്ന് നമുക്ക് പറയാം വൃക്ഷത്തിന്റെ ധിഷ്ഠാനമായിരിക്കുന്നത് വൃക്ഷത്തിന് അധികരണമായിരിക്കുന്നത് വൃക്ഷത്തെ നിലനിർത്തുന്നത് വേരാണെന്ന് പറയാം വേര് മണ്ണിൽ വൃക്ഷത്തെ ഉറപ്പിച്ച് അതുപോലെ ഈ സംസാരവൃക്ഷത്തെ നിലനിർത്തുന്നത് അത് സംസാര അതീതമായിരിക്കുന്നത് സംസാരത്തിന് മുകളിലുള്ള സംസാരത്തിന് ഊർധ്വമായിരിക്കുന്ന പരമാത്മാവാണ് അങ്ങനെയുള്ള പരമാത്മാവാകുന്ന വേരോട് കൂടിയതാണ് ഈ സംസാരവുക്ഷം അതാണ് ഊർധ്വമൂലം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഊർധ്വമായ സംസാരാതീതമായ മൂലം വേരോടുകൂടിയ അതാണ് സംസാരവുക്ഷം എന്ന് പറയുന്നത് ഊർധ്വമൂലം എന്ന് പറയുന്നത് അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഊർധ്വമൂല ഊർധ്വം മൂലം വിഷ്ണുവിന്റെ പരമമായ സ്വരൂപമാണത് എന്ന് നേരത്തെ ഇതിന് വർണ്ണിച്ചിട്ടുണ്ട് അതീ സ്വയം അവ്യക്താദി സ്ഥാപനാന്ത അവ്യക്തം തുടങ്ങി സ്ഥാപനങ്ങൾ വരെയുള്ള ഇതാണ് ഈ സംസാരവുക്ഷം എന്ന് പറയുന്നു സംസാരത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരിടത്ത് ചിന്ത അവസാനിക്കുന്നു അതിനവ്യക്തമെന്ന് വിളിക്കുന്നു അവിടെ ഒന്ന് പിന്നെ ചിന്തിക്കാമെന്നുള്ളതെന്ന വ്യക്തമായി ആ വ്യക്തമായിരിക്കുന്നതാണ് സൂക്ഷ്മ സ്ഥൂല രൂപത്തിലുള്ള പ്രപഞ്ചം അവ്യക്തം കാരണരൂപത്തിൽ ഇരിക്കുന്നു അചിന്തിരിക്കുന്നു അവീക്തം തുടങ്ങി സ്ഥാപനങ്ങൾ സ്ഥാപന ജംഗമങ്ങൾ ഇവിടെ സ്ഥാപനങ്ങളായിരിക്കുന്ന വൃക്ഷങ്ങളും പർവ്വതങ്ങളും എല്ലാ സ്ഥാപനങ്ങളാണ് ഇതുവരെയുള്ള സംസാരവൃക്ഷം ഇതിനെയാണ് സംസാരവൃക്ഷം എന്ന് പറയുന്നത് അത് ഊർധ്വമൂലമാണ് സാധാരണ വൃക്ഷം ഇതുമായിട്ടൊരു വ്യത്യാസമുണ്ട് സാധാരണ വൃക്ഷത്തിന്റെ വേരെന്ന് പറയുന്നത് പൂർണമായും ആ വൃക്ഷത്തിന്റെ ഭാഗം തന്നെ വൃക്ഷം പോലെ തന്നെ ജനിക്കുകയും വളരുകയും നശിക്കുകയും ചെയ്യണം പക്ഷെ ഈ വൃക്ഷത്തിന്റെ പേര് എന്ന് പറയുന്നത് എന്താണ് അത് ഊർജ്വമായതുകൊണ്ട് അതായത് സംസാരാതീതമായിരിക്കുന്നതുകൊണ്ട് ആ മൂലം ഈ സംസാരവൃക്ഷത്തിന്റെ മൂലം അത് ഉത്പത്തിസ്ഥിതി നാശങ്ങൾ ഇല്ലാത്ത ഒരു പേരാണ് അത് നശിക്കുന്നുണ്ടോ ഇവിടെ നമ്മുടെ വൃക്ഷത്തിന്റെ പേരും ഈ പേരും നമ്മൾ വ്യത്യാസവും ഈ വൃക്ഷത്തിന്റെ പേര് നശിച്ചോന്നും മറ്റും നശിക്കുന്നുണ്ട് അതുകൊണ്ട് വേരും വൃക്ഷത്തിന്റെ ഭാഗമാണ് പൂർണമായും വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ വേരിനെ കൂടെ എടുക്കും പക്ഷെ സംസാരവൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല വേര് വൃക്ഷത്തിന്റെ ഭാഗമാണ് സംസാരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ പക്ഷെ ഈ വേര് വൃക്ഷത്തിന് ഉപരിയുമാണ് വൃക്ഷത്തിന് ഊർധവുമാണ് വൃക്ഷത്തിന് അപ്പുറവുമാണ് അത് നമുക്ക് വൃക്ഷമൊന്നും വിളിക്കാൻ പറ്റില്ല വൃക്ഷമെന്ന് പറയുന്നത് എന്താണ് അടുത്ത് വരുന്നത് വൃക്ഷനാ ഛേദന ഛേദിക്കുന്നതുകൊണ്ട് ഇതിനെ വൃക്ഷം എന്ന് കളിക്കുന്നു നശിക്കുന്നതുകൊണ്ട് ഇതിനെ നമുക്ക് ഛേദിച്ചു കളയാം അവസാനം പറയും അസംഘാസ്ത്രേണ് ദൃഢേന ചിത്വ ഭാഷകാരനും പറയാം അസംഖാസ്ത്രം കൊണ്ട് ഇത് ഛേദിച്ചു കളയാമെന്നുള്ളതാണ് ഈ വൃക്ഷം വൃക്ഷത്തെ ഛേദിക്കാമെന്ന് പറഞ്ഞാൽ സാധാരണ വൃക്ഷത്തെ ഛേദിക്കുന്ന എങ്ങനെയാണ് മൂലത്തിൽ നിന്ന് വേരിൽ നിന്ന് വൃക്ഷത്തെ വെട്ടിക്കളയുന്നു വേരവിടെയിരിക്കും വൃക്ഷം പോകും അതുപോലെ ഇതിനെയും ആ അസംഘസ്വരൂപമായിരിക്കുന്ന ഇതിന്റെ മൂലത്തിൽ നിന്നും ഈ വൃക്ഷത്തെയും വിവേകം കൊണ്ട് ഛേദിച്ചിടാം വിവേകമാകുന്ന വാൾ ഉപയോഗിച്ചതിനെ ഛേദിക്കാം അതിനെ പറയും അങ്ങനെ ഛേദിക്കാം എന്നുള്ളത് കൊണ്ട് ഈ ഇതിന് വൃക്ഷം എന്ന് പറയുന്നു വൃക്ഷം എന്ന് പേര് പറയാൻ കാരണം അതാണ് വൃക്ഷസ്ഥ വൃക്ഷന ആ വൃക്ഷത്തെ അടുത്ത് വിശദീകരിക്കുകയാണ് ഈ വൃക്ഷത്തിന്റെ സ്വഭാവം എന്താണ് ഇതിനെങ്ങനെയാണ് ഛേദിക്കുന്നത് അതിനാണ് അടുത്തു പറയുന്നത് ജന്മ ജര മരണ ശോകാദി അനേക അനർത്ഥാത്മക അനേക അനർത്ഥാത്മക അനേക അനർത്ഥാത്മകം അനർത്ഥ സ്വരൂപത്തോടുകൂടിയതാണ് ഈ വൃക്ഷം അനേക അനർത്ഥ സ്വരൂപത്തോടുകൂടിയതാണ് എന്തൊക്കെയാണ് ഈ വൃക്ഷത്തിലെ അനർത്ഥങ്ങൾ ജന്മം സാധാരണ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ജന്മം ജര മരണം ശോകം ദുഃഖം തുടങ്ങി അനേക അനർത്ഥങ്ങളോടുകൂടിയതാണ് ഈ വൃക്ഷം ഇതിന്റെ പ്രത്യേകത എന്താണ് പ്രതിക്ഷണം അന്യഥാസ്വഭാവം പ്രതിക്ഷണം ഓരോ ക്ഷണത്തിനും അന്യഥാസ്വഭാവം വെവ്വേറെ സ്വഭാവത്തോടുകൂടിയതാണ് പ്രപഞ്ചം സദാ പരിണാമിയാണ് നിരന്തര പരിണാമിയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒന്നിനും സ്ഥായി ഭാവമില്ല നിരന്തരം പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഇതിന് ചില സൈദ്ധാന്തികന്മാർ ക്ഷണികം എന്ന് പറയുന്നത് പ്രതിക്ഷണം ഇതിന്റെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടേ പരിണമിച്ച് രൂപാന്തരങ്ങളെ പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു പ്രപഞ്ചത്തിലെ ഏത് ഘടകത്തെടുത്താലും സ്ഥൂലമായ ശരീരത്തെ തന്നെ എടുത്തു കഴിഞ്ഞാൽ അത് പ്രദക്ഷിണം അതിൽ പരിവർത്തനങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അവസ്ഥാന്തരങ്ങളിലൂടെ അത് കടന്നുപോകുന്നിരിക്കുന്നു ശൈശവും യുവനും വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകളിലൂടെ അത് മാറുന്നത് എന്തുകൊണ്ട് പ്രദിക്ഷിണ ഇതിൽ ആ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കാലത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ക്ഷണത്തിനും ഭൗതിക വസ്തുക്കളിൽ നിരന്തരമായ പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയുള്ളതാണ് ഈ ഇത് സ്ഥായി അല്ലെന്ന് അതുകൊണ്ടുതന്നെ ഇത് നശിക്കുന്നതാണ് പ്രതിക്ഷണം അന്യഥാ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്ന സ്വഭാവത്തോടുകൂടിയതാണ് പിന്നെന്താണ് ഈ വൃക്ഷത്തിന്റെ സ്വഭാവം പറയുന്നു മയ മരീചി മയ മരീചിയുതക ഗന്ധർവ്വ നഗരാധി വൃഷ്ട നഷ്ട സ്വരൂപത്വ പ്രതിക്ഷണം അന്യഥ സ്വഭാവം എന്ന് പറഞ്ഞു ഹേതു കാരണം പറയുകയാണ് എന്തുകൊണ്ടത് അങ്ങനെയായിരിക്കുന്നു മായ എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലം ഇന്ദ്രജാലം പോലെ ഇന്ദ്രജാലം കാണുമ്പോൾ ഒരു ക്ഷണം കൊണ്ട് വസ്തുക്കൾ മാറി മാറിപ്പോകും ഈ ക്ഷണം കാണുന്നതല്ല അടുത്ത ക്ഷണം കാണുന്നതാണ് മായ കം മരുഭൂമിയിലെ ജലം ഗന്ധർവ നഗരം ആകാശത്തിലും മറ്റും കാർമികവും മറ്റും ഉള്ളപ്പോൾ അതിന് സൂര്യപ്രകാശം അടിച്ചിട്ട് അതിന്റെ പ്രത്യേക സമയത്ത് അവിടെ നഗരവും മറ്റും മേളുണ്ടെന്ന് പ്രതിഫലന രൂപത്തിലും മറ്റും തോന്നുക അതാണ് ഗന്ധർവ നഗരം ഗന്ധർവ നഗരാധിപത് ആകാശത്ത് സൂര്യപ്രകാശം മേഘങ്ങളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അവിടെ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കാണാം വലിയ നഗരങ്ങളെല്ലാം ആകാശത്ത് നിൽക്കുന്നതുപോലെ തോന്നും ജനങ്ങളുള്ളതായിട്ടും താമസിക്കുന്നതായിട്ടും ഒക്കെ തോന്നും അങ്ങനെ തോന്നുന്നതിനാണ് ഗന്ധർവ നഗരം എന്ന് പറയുന്നത് അത് ഒരു ക്ഷണം കഴിയുമ്പോൾ അത് കാണത്തില്ല അത് വലിയ പർവ്വത പ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത് കടൽ സമീപത്തുള്ളിടത്തും എല്ലാം അങ്ങനെ കാണാറുണ്ട് ഗന്ധർവ നഗരം ആകാശപത്രിക്ക് പോകുമ്പോൾ അവിടെ ഒരു പട്ടണം പോലെയൊക്കെ തോന്നും ഗന്ധർവ നഗരം എന്ന് പറയുന്നു ഗന്ധർവ നഗരാധിപത്യ മായ മരി ചുതകം ഗന്ധർവ് നഗരം ഇതുപോലെ ദൃഷ്ടനഷ്ട സ്വരൂപത്വമാണ് ദൃഷ്ടമാത്രത്തിൽ തന്നെ നഷ്ടപ്പെടുക കാണുന്ന മാത്രമേ തന്നെ മറഞ്ഞു പോകൂ അതാണ് ദൃഷ്ടനഷ്ടം കണ്ടുംറയുന്നു കണ്ടുമറയുന്നു ക്ഷണം കൊണ്ട് കാണാനും മറയാനും പറ്റുന്നവയാണ് കാണുന്നതേ ഉള്ളൂ അതിൽ കവിഞ്ഞൊരു അസ്തിത്വമില്ല ഇന്ദ്രജാലം അത് കാണുന്നതേ ഉള്ളൂ അതിനപ്പുറം ആ വസ്തുക്കൾക്ക് അവിടെയൊന്നും നിലനിൽപ്പില്ല മരിച്ചുതകം മരുഭൂമിയില ജലും അതുപോലെ തന്നെ ഗന്ധർവ നഗരും അതുപോലെ തന്നെ എല്ലാം എന്താണ് ദുഷ്ട നഷ്ട സ്വരൂപത്വ അവസാനീക്ഷ അഭാവാത്മക ഇതിനെ അന്വേഷിച്ച് തന്നാൽ ഇതിന്റെ അവസാനം ഇവിടെ ഇവിടെ പറഞ്ഞു ഊർധ്വം മൂലം എന്ന് പറഞ്ഞു അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ വാസ്തവത്തെ അന്വേഷിച്ച് തന്നാൽ ചെന്നെത്തിച്ചേരുന്ന ഇവിടെ ഇതിന്റെ ഊർധ്വത്തിലാണ് ഇതിന്റെ പേരിലാണ് എത്തിച്ചേരുന്നത് ഒരു വൃക്ഷത്തെ നമ്മൾ ബാഹ്യമായി കാണുന്നു അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചു പോയാൽ അതിന്റെ ചൂടിലോട്ട് മാന്തി നോക്കുന്നു വേരിലെത്തിച്ചേരും അതുപോലെ ഈ വൃക്ഷത്തെ അന്വേഷിച്ചു പോയാൽ ചെന്ന് എത്തിച്ചേരുന്ന ഇവിടെ ആ മൂലത്തിലാണ് ഇതിന്റെ വൃക്ഷത്തിന് കാരണമായിരിക്കുന്ന പരമാത്മാവിനാണ് അവിടെ ചെന്നാലും ഈ വൃക്ഷം അവിടെയില്ല സംസാരം അവിടെയില്ല അതാണ് പറയുന്നത് അവസാനിച്ച അതുപോലെ ഈ പ്രപഞ്ചവും സംസാരവൃക്ഷവും അന്വേഷിച്ച് ചെന്നാൽ ഒടുവിൽ അതില്ലാതായിത്തീരുന്നു പരമാത്മാവിൽ ഇത് നിലനിൽക്കുന്നില്ല അതുകൊണ്ട് അവസാനിച്ച വൃക്ഷവത് അഭാവ അഭാവ സ്വരൂപത്തോടുകൂടിയതാണത് വൃക്ഷം പോലെ വൃക്ഷവും സംസാരവും തമ്മിലുള്ള സാധർമ്മികത്തെ പറയുകയാണൂടെ കദളീസ്തംഭവും നിസ്സാരവും കദളീസ്തംഭത്തെ പോലെ വാഴത്തട കദി സ്തംഭവും നിസ്സാരം കാമ്പില്ലാത്ത അവന് കാമ്പില്ല അതിനകത്തൊന്നുമില്ല നിസ്സാരമായിരിക്കുന്നു അനേകശത പാഖണ്ഡ ബുദ്ധി വികൽപ്പസ്പദത്തെക്കുറിച്ച് പറയുകയാണ് അനേകശത വികൽപ്പങ്ങൾ ഇതിൽ പലതരത്തിലുള്ള വികല്പങ്ങൾ വരാം ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള വികല്പങ്ങൾ വിരുദ്ധകൽപ്പനകൾ ആർക്ക് അനേകശതവിരുദ്ധ കൽപ്പനകൾ ആർക്കാണ് പാഖണ്ഡ ബുദ്ധികൾക്ക് പാഖണ്ഡം എന്ന് പറഞ്ഞാൽ നിന്ദ്യം നിന്ദ്യബുദ്ധികൾക്ക് പ്രാകൃത ബുദ്ധികൾക്ക് അനേകശതവികല്പങ്ങൾ അനേക അനേകായിരം കൽപ്പനകൾക്ക് അധിഷ്ഠാനമാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അങ്ങനെ ചെല്ലു പറയുന്നു ഈ പ്രപഞ്ചം സത്യമാണെന്ന് പറയുന്നു ചെലു പറയുന്നത് സത്യം അല്ലെങ്കിൽ ശൂന്യമാണെന്ന് പറയുന്നു ചെല് പറയുന്നത് നിധിയാണെന്ന് പറയുന്നു ചെല്ലു പറയുന്നത് ക്ഷണികമാണെന്ന് പറയുന്നു ഇങ്ങനെ പലതരത്തിലുള്ള വികല്പങ്ങൾക്ക് വിരുദ്ധ കൽപ്പനകൾക്ക് ആശ്രയമായിരിക്കുന്നതാണ് തത്വവിജിജ്ഞാസുഭി അനിർദ്ധാരിത ഇതം തത്വ തത്വജിജ്ഞാസ ഇതിന്റെ തത്വം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അനിർദ്ധാരിത ഇതം തത്വം ഇതിന്റെ തത്വത്തെ നിർണ്ണയിക്കാൻ കഴിയുന്നില്ല അതായത് ഇതിൽ എന്തെങ്കിലും തത്വം നിർണ്ണയിക്കാൻ കഴിയുന്നില്ല ഇതിൽ എന്തെങ്കിലും കഴമ്പുള്ളതായിട്ട് നിർണ്ണയിക്കാൻ കഴിയുന്നില്ലാണ് തത്വവിജിജ്ഞാസുഭി വിശേഷിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ നിർദ്ധാരിത ഇതം തത്വം ഇതിന്റെ തത്വം ഇതം തത്വം ഇത് ഇന്നതാണ് ഇതിന്റെ വാസ്തവം ഇന്നതാണെന്ന് നിർദ്ധാരണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുവെച്ചാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉറപ്പിക്കാൻ കഴിയുന്നില്ല അതാണ് നമ്മൾ നേരത്തെ ചർച്ചയിൽ അനൂപചനീയമായി തീരുന്നത് പ്രപഞ്ചത്തിന്റെ സത്യത്തെ പ്രപഞ്ചത്തിൽ സത്യത്തെ കണ്ടെത്താൻ ശ്രമിച്ചു പ്രപഞ്ചം സത്യമാണെന്ന് സ്ഥാപിക്കാൻ വരുമ്പോട്ടാൽ അവസാനം എത്തിച്ചേരുന്നിവിടെയാണ് അനുവചനീയത്തിലായിരിക്കും അനർവചനീയം എന്ന് പറയുന്ന തത്വത്തിൽ എത്തിച്ചേരും നിർവചിക്കാൻ സാധ്യമല്ല അനേക ജന്മങ്ങൾ അനേക ബുദ്ധികൾ ഒരുമിച്ചുകൂടി ഇതിന്റെ തത്വത്തെ നിർദ്ധാരണം ചെയ്യാൻ ശ്രമിച്ചാലും അവസാനം പ്രപഞ്ചം അനോചനീയമായി തന്നെ നിർവചിക്കാൻ കഴിയാത്തതായി തന്നെ വിശ്വസിക്കും അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തത്വ വിജിജ്ഞാസുഭി അനിർദ്ധാരിത ഒരിക്കലും ഇതിന്റെ തത്വത്തെ തിന്നതാണ് എന്ന് നിർണ്ണയിക്കാൻ സാധ്യമല്ല പ്രപഞ്ചത്തെ അങ്ങനെ നിർണയിക്കാൻ പോയി ഇത് പരമാർത്ഥത്തിലുള്ളതാണ് നിർണയത്തിലെത്താൻ സാധ്യമല്ല ഇത് ഇല്ലാത്തതാണ് ശൂന്യമാണ് എന്നൊരു നിർണയത്തിൽ എത്താൻ കഴിയത്തില്ല അതുകൊണ്ട് ഇത് അനർവചനീയമായി സത്വന്നോ അസത്വന്നോ നിർവചിക്കാൻ കഴിയാതെ അനർവചനീയമായി നിൽക്കും അതുകൊണ്ട് ഇതിനെ പറയുന്നു അനിർദ്ധാരിത ഇതന്ത അതാണ് ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവം അതാണ് സംസാരത്തിന്റെ സംസാരവൃക്ഷത്തിന്റെ സ്വഭാവം എന്ന് പറയും സംസാരവൃക്ഷത്തിന്റെ ഏത് തരത്തിൽ എല്ലാം ഇതിന് മനുഷ്യന് ചിന്തിക്കാമോ ഈ വൃക്ഷത്തെ സംബന്ധിച്ച് ഏതെല്ലാം നിഗമനങ്ങളും മനുഷ്യൻ എത്തിച്ചേരാം ഏതെല്ലാം വഴിക്ക് ചിന്തിച്ചാലും എന്തെല്ലാം നിഗമനങ്ങൾ എത്തിച്ചേർന്നാലും ആത്യന്തികമായി അതെല്ലാം അനുവജനീയം എന്ന് പറയുന്ന ഒന്നിൽ ഒതുങ്ങിപ്പോകും അതാണിവിടെ ഭാഷകാരൻ പറഞ്ഞു വരുന്നത് പ്രപഞ്ചം അലോകജനീയമാണ് സംസാരവൃക്ഷം അലോകജനീയമാണ് സത്വമെന്നോ അസത്വന്നോ നിർണ്ണയിക്കാൻ കഴിയാത്തതാണ് അതിന് അതിന്റെ പേരായിരിക്കുന്നത് മൂലമായിരിക്കുന്നത് അത് പരമാത്മാവാണ് ഈ കാര്യത്തെ വ്യക്തമായി ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഊർധ്വ എന്നുള്ള പദം അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അതിന് ഇത്രയും വിപുലമായൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥത്തെ നമ്മൾ വ്യക്തമായി ധരിക്കാൻ വേണ്ടിയിട്ട് അത് ഭഗവത്ഗീതയിൽ നമ്മൾ ധാരാളം എപ്പോഴും ചൊല്ലുന്നതാണ് അതുകൊണ്ട് യൂർദ്ധമൂലം എന്ന് പറയുന്നതിൻ്റെ അർത്ഥത്തെ നമ്മൾ വ്യക്തമായി ധരിച്ചിരിക്കേണ്ടാണ് തുടർന്ന് വരുന്ന ഭാഗം നമ്മൾ അടുത്തു ചർച്ച ചെയ്യും വശിഷ്യ Oh, Asana, Asana, Asana. Oh, Asana, Asana.